അവരുടെ പാത പിന്തുടർന്ന് മറിയമ്മിന്റെ മകൻ ഈസ അലിഹിസലാമിനെ നാം അയച്ചു തന്റെ മുൻപിലുള്ള തൌറാത്തിലെ സത്യങ്ങളെ ശരിവെച്ചുകൊണ്ട് നാം അദ്ദേഹത്തിന് ഇഞ്ചിരി നൽകി അതിൽ സന്മാർഗവും പ്രകാശവുമുണ്ട് തന്റെ മുൻപിലുള്ള തൗറാത്തിനെ ശരിവയ്ക്കുന്നതായും ഭയഭക്തിയുള്ളവർക്ക് സന്മാർഗവും ഉപദേശവുമായിരുന്നു അത്